തങ്ങളുടെ സത്യങ്ങൾ ലംഘിക്കുകയും റസൂലിനെ പുറത്താക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്ത ഒരു ജനതയോട് നിങ്ങൾ യുദ്ധം ചെയ്യില്ലേ ആദ്യമായി നിങ്ങളോട് യുദ്ധം തുടങ്ങിയത് നിങ്ങൾ അവരെ ഭയപ്പെടുന്നുവോ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാഹുസുബഹാനഹൂവ ചായാലായയാണ്